भगव्या च मुकुंद से महात्म वीरिया अनवी सेोतुमीछा महे प्रभो को न श्रुवा सक ब्रह्म नुत्म विरमेत विशेषज्ञ विशन्नः कामण साग्य तुणा गृणीते कर चत्कर्मक महश സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃോത്തി തത് പുണ്യകഥാ സകർണ ഒൻപതാമത്തെ അധ്യായം ദശമത്തിലെ ഉത്തരാർത്ഥം പരീക്ഷിത് ശ്രീശുഖബ്രഹ്മ മഹർഷിയോട് ചോദിക്കുകയാണ് ഭഗവാനെ കൃഷ്ണകഥ പറയൂ പരീക്ഷിത് ഇത്രയും പറഞ്ഞില്ലേ കേട്ട് കേട്ട് തൃപ്തി വരുന്നില്ല ഇപ്പോ പരീക്ഷിച്ച് തന്നെ ഒരു ചെറുതായിട്ടൊരു പ്രവചനം നടത്തി ഭഗവ്യാ ച അനാ മു മഹാത്മന ഭഗവാന്റെ കഥയെ ഞാൻ പറയാം ഭഗവാന്റെ കഥ പറയൂ ഒരിക്കൽ കേട്ട പുര അസകൃത് ബ്രഹ്മണ് ഉത്തമശ്ലോകസത്കഥാ വിരമേത വിശേഷജോ വിഷണ്ണ കാമർഗണൈ എത്ര കേട്ടാലും തൃപ്തി വരുന്നില്ല സഗ്യയാ തുണാൻ ഗൃണീത കരൗ ചത്കർമ്മകരൗ മനശ സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃോത്തി തത് പുണ്യകഥാ സകർണ യഥാർത്ഥത്തിൽ നമുക്ക് വാക്ക് പ്രയോജനപ്പെടുന്നത് തന്നെ തീ ഗുണാൻ ഗ്രണീതേം ഭഗവത്ഗുണങ്ങളെ പറയുമ്പോഴാണ് അല്ലെങ്കിൽ തവളയുടെ നാവ് പോലെ ദാർദുരിക കര ചത്കർമ്മ കരൗ വാക്ശുദ്ധി വേണമെങ്കിൽ ഭഗവത്ഗുണം പറയണം അല്ലെങ്കിൽ വാക്ക് അശുദ്ധമായി വാചോ വിപ്ലാ വിഗ്ലാപനം ഹിതത് മറ്റു കാര്യങ്ങൾ പറയണത് വാചോ വിഗ്ലാപനം ഹിതത് കരൗ ച തത്കർമ്മ കരൗ ഏത് കൈകളാണോ ഭഗവാന് കൈകര്യം ചെയ്യുന്നത് ആ കൈയെ കണ്ടാൽ ഭഗവാനേക്കാളും മേലെയാണെന്ന് തോന്നുന്നത് അയം മേ ഹസ്തോ ഭഗവാന് അയം മേ ഭഗവത്തരഹ വേദം പറയുന്നു അയമ്മേ ഹസ്തോ ഭഗവാൻ ഈ കൈ എനിക്ക് ഭഗവാനാണ് പോരാ ഭഗവത് തരഹ ഭഗവാനും മേലെയാണെന്നാണ് എന്താ ഈ കൈ കൊണ്ട് ഭഗവത് കൈകരം ചെയ്യുന്നത് കൊണ്ട് കരൗ ചെ തത്കർമ്മ കരൗ മനശ്ശ്മേത് വസന്തം സ്ഥിരജംഗമേഷു ചരാചരത്തിലും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും എല്ലാറ്റിലും ശാശ്വതമായി നിൽക്കുന്ന ജംഗമ വസ്തുക്കളിലൊക്കെ സ്ഥിരമായി നിൽക്കുന്നതുമായിട്ടുള്ള ആ വസ്തുവിനെ സ്മരിക്കുന്ന മനസ്സാണ് മനസ്സ് ശൃണോതി തത് പുണ്യ കഥാഹാസ ചെവി കൊണ്ടാണോ ഭഗവത് ഗുണങ്ങളെ കേൾക്കുന്നത് അതാണ് ചെവി അല്ലെങ്കിലോ അത് രണ്ട് ദ്വാരം ചെവിയിലൂടെ ഭഗവത് ഭക്തിയെ സംഭരിക്കണം രണ്ട് ദ്വാരം നിങ്ങൾ ചിലപ്പോൾ അമ്പലങ്ങളിൽ പഴയ അമ്പലങ്ങളിലൊക്കെ കാണാം ഒരു കുഴാൽ മണ്ണിലിറക്കിയിട്ടുണ്ടാവും ഇരുമ്പുകൊണ്ട് രണ്ട് സൈഡിൽ ഓരോ ദ്വാരം എന്തിനാന്ന് വെച്ചാൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് എക് ചോട്ടിൽ പോയി വരും അങ്ങനെ പണം സംഭരിക്കുകയാണ് അത് മണ്ണിന്റെ അടിയിലാണ് സംഭരണം എന്നിട്ട് അവസാനം അതൊക്കെ കുഴിച്ചെടുക്കും അതേപോലെ ഭഗവാൻ ഇവിടെ ഒരു ദ്വാരം എവിടെ ഒരു ദ്വാരം തന്നേണ്ടതാ ഇവിടെ ഒരു രണ്ട് ദ്വാരമുള്ള വെച്ചിട്ടുണ്ട് അതിൽ പണം ഇതങ്ങനെയല്ല ഇതിൽ ഭക്തി ഇടണം എന്നാണ് ഭക്തി ഈ ദ്വാരത്തിലൂടെയും ഈ ദ്വാരത്തിലൂടെയും ഭഗവത് കഥകളെ ശ്രവണം ചെയ്യുമ്പോൾ രണ്ട് ദ്വാരം ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് ചെന്ന് സംഭരിക്കുക പതുക്കെ പതുക്കെ പതുക്കെ ഈ ശരീരമാവുന്ന കുഴല് വീണുപോകുന്നതിന് മുമ്പ് തടി വീഴുന്നതിന് മുമ്പ് ഭഗവാനെ സംഭരിക്കുക ഉള്ളിൽ ഭക്തി കൊണ്ട് ശ്രുതസമ്പതയാ ഭക്തി അതുകൊണ്ട് ശ്രവണം ചെയ്യണം ഭഗവത് തത്വം ശ്രവണം ചെയ്യണം തത്പുണ്യകഥാഹാ സകർണ എല്ലാം ഭഗവത് സംബന്ധമായിട്ട് വരണം ഭക്ഷണമടക്കം ഭഗവാനും പ്രസാദമായിട്ട് കഴിക്കണം എന്നാണ് അതുകൊണ്ട് വേണം വയർ നിറയണം ഏത് ശരീരമാണോ ഭഗവത് തീർത്ഥയാത്രയ്ക്ക് പ്രയോജനപ്പെടുന്നത് അതാണ് ശരീരം ഇതൊക്കെ പരീക്ഷത്തിന്റെ തന്നെ പ്രഭാഷണമാണ് ശ്രീസുഖബപ്രഹ്മ മഹർഷി പറഞ്ഞതൊക്കെ കേട്ട് കേട്ട് പരീക്ഷത്ത് പക്വുമായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ആ ശരീരം നിന്ദ്യമാണ് ഏത് ഭഗവത് ഗുണത്തിനോ ഭഗവത് ഭക്തിയോ പ്രയോജനപ്പെടുന്നില്ലയോ ആ ശരീരം നിന്ദ്യമാണ് കുറുക്കന്മാർ പോലും വെറുക്കും സാധാരണ ശഭോജനം കുറുക്കന്മാർക്കുള്ള ഭക്ഷണം നായ്ക്കുള്ള ഭക്ഷണം എന്നൊക്കെ ശരീരത്തിനെ വിശേഷിപ്പിച്ചു ഭഗവത് ഗുണത്തിന് പ്രയോജനപ്പെട്ടിട്ടില്ലേ പക്ഷെ കുറുക്കന്മാർ പോലും തിന്നില്ല ഒരാൾ കാട്ടിലൂടെ ചെന്നു അപ്പൊ കുറെ വരുന്നത് കണ്ടു അപ്പൊ ചാവ നിന്ന വണ്ണം കിടന്നു ചത്ത പോലെ കിടന്നു അപ്പൊ കുറുക്കന്മാരൊന്നും ചെയ്യില്ലാ വിചാരിച്ചതാണ് കുട്ടിക്കുറുക്കൻ തള്ളക്കുറുക്കൻ എല്ലാം കൂടെ വട്ടത്തിൽ വന്നു നിന്നു ഈ ഓരോ കുട്ടി കുട്ടി തള്ളയോട് ചോദിക്കാണ് ഞങ്ങൾ കടിച്ചോട്ടെ ഇത്തിരി കൈ നല്ല വണ്ണമുണ്ട് കടിച്ചോട്ടെ തൊട്ടുപോകരുത് ഹസ്തവും ദാനവിഭർജിതവും ഈ കൈ കൊണ്ട് ഒരാൾക്കൊന്നും കൊടുത്തിട്ടില്ല കയ്യിൽ ഇത്തിരി എച്ചിലുണ്ടെങ്കിൽ കാക്കി ഓടിക്കില്ല അത്ര വീണാലോ എന്നാണ് ചെവി ഇത്തിരി കടിച്ചോട്ടെ എന്ന് വെച്ചാൽ സരസ്വതീദേവിക്ക് ഇത്രയധികം ദ്രോഹം ചെയ്തിട്ടുള്ള സ്ഥാനമില്ല ശ്രുതിപുട്ടവും സാരസ്വത ദ്രോഹിണവും ഇത്തിരി മുന്തിരിപ്പഴം പോലെ ഉണ്ട് കടിച്ചാലോ നേത്രേ സജ്ജനലോകനേന രഹിതേ ഈ കണ്ണുകൊണ്ട് കണ്ണുകടി മാത്രമേ ഇവനുള്ളൂ പാദൗന തീർത്ഥം ഗതൗ ഈ കാലൂർ തീർത്ഥക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ല വയറോ നല്ല വലുതായിട്ടുണ്ടല്ലോ അന്യായാർജിത വിത്തപൂർണ മുദരം അന്യായമായി ആർജിച്ച സമ്പത്തുകൊണ്ട് നിറച്ചതാണ് ശിരസോ ഗർവേട തുങ്കം ശിരഹ ഗർവം കൊണ്ട് ഉയർത്തിയതാണ് ഈ തല രേ ജംബുക മുഞ്ച സഹസാ നീചം സുനിന്ത്യം വപുഹു ഉപേക്ഷിക്കൂ ഉപേക്ഷിക്കൂ നിന്ദ്യമാണ് ഈ വപുസ് ശരീരം അങ്ങനെ മൃഗങ്ങൾ പോലും നിന്ദിച്ചിട്ട് പോകുന്ന പോലെ ആവരുതല്ലോ ഈ ശരീരം ഭഗവത് ഭക്തിക്ക് ഭഗവത് കൈങ്കര്യത്തിന് പ്രയോജനപ്പെടണം അതുകൊണ്ട് ഭഗവാനെ പറയൂ ഭഗവത് കഥ പറയൂ ഏതെങ്കിലും ഭക്തന്റെ കഥ പറയൂ നമ്മളെപ്പോലെ ശ്രീ സുഖബ്രഹ്മ മഹർഷി ഭാഗവതം ഒരു പുസ്തകം വെച്ചുകൊണ്ടല്ല പറയുന്നത് ഇന്ന കഥ കഴിഞ്ഞാൽ ഇന്ന കഥ എന്ന് സുഖബ്രഹ്മ മഹർഷിക്കില്ല ഇപ്പൊ ഇവിടെ പറയുന്ന ആളുകൾക്കും കേൾക്കുന്നവർക്കും ഒക്കെ തീരുമാനമാണ് ഇന്നെ കഥകൾ ഇന്നന്ന കഥകൾ വരും സപ്താഹത്തിൽ അത് വരി വരി വരിയായിട്ട് സുഖാചാര്യർക്ക് അങ്ങനെയൊന്നുമില്ല അപ്പൊ എന്താണ് ഭാവത്തിൽ വരണതെന്ന് വെച്ചാൽ അത് അപ്പൊ ചോദിച്ചു സുഖബ്രഹ്മ മഹർഷി എന്താ പറയേണ്ടെന്ന് ആലോചിച്ചതും ആ മനോമണ്ഡലത്തിൽ പൊന്തി വന്നത് ഒരു ഭക്തന്റെ രൂപം അത് ചിന്തിച്ചതും ശുഖാചാര്യർ തന്നെ സമാധിയിലും അഗ്നനായി വിഷ്ണുരാ തേന സംപൃഷ്ടോ ഭഗവാൻ ബാധരായണി വാസുദേവേ ഭഗവതീ നിമഗ്നഹൃദയോ ബ്രവീത്ത് ഭഗവാനിൽ നിമഗ്നായി ആഴത്തിൽ ലയിച്ചിരുന്നു കൊണ്ട് ശ്രീശുഖാചാര്യർ ഈ കഥ ഈ ഉപാഖ്യാനം പറയുകയാണ് കുച്ചേലോപാഖ്യാനം സുധാമാവിനെക്കുറിച്ച് പറയുകയാണ് സുധാമാവിന് കഥ പറഞ്ഞ് ഭാഗവത കഥകളിൽ പലതും പെരുപ്പിച്ച് പെരുപ്പിച്ച് കുറേയൊക്കെ ദുഷിച്ച് പേര് വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരാളൊരിക്കെ ഒരു ഭാഗവത സപ്താഹം ഉദ്ഘാടനം ചെയ്തപ്പോ പറയുകയും പോലും ചെയ്തു കുചേലോപാഖ്യാനത്തിന്റെ സന്ദേശം എന്താന്ന് വെച്ചാൽ പണമുള്ള ആളുകൾ പണമില്ലാത്തവരെ സഹായിക്കണം അതാണ് അദ്ദേഹത്തിന് ആകെപ്പാട കുചേലോപാഖ്യാനത്ത് കിട്ടിയത് കുചേലോപാഖ്യാനം ഒരു പരമഭാഗവതന്റെ കഥയാണ് സാധാരണ തമിഴില് ഇവർക്ക് നിറയെ ഇരുപത്തിയേഴ് കുഴങ്കുകൾ ഇരുന്നത് എല്ലാം ചാപ്പാടില്ലാമ കഷ്ടപ്പെട്ടൊമ്പ അഴുത ഒരു കുഴി ഇപ്പം കഥ ഇതൊരു രണ്ട് സ്ലോകത്തെ ഇപ്പിതാ കഥ കൊഞ്ചോട് നമ്മളോട് ചേർത്ത ഒരിജിനലേ നമ്മ ശ്ലോകത്തെ ആശ്രയിക്കലേ ആ രാജാറാം ഏതോ കോവില് അഭിഷേകം ഊർലവെ എല്ലാം ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവരണം അഭിഷേകത്തുക്ക് അല്ലാത്ത ചട്ടം ഒരുത്ത നെച്ചാ ഇത്ര പാൽ വിടാ നോക്കി ഗ്ലാസ് തന്നിയെ കൊണ്ട് വിട്ടപ്പറിയപ്പെടുന്നു എല്ലാരും ജലം അടുത്ത ജലം അത് ഭാഗവത കഥകളും നരെയാ ചരക്ക് പോാവാ ചരക്ക് അപ്പം അപ്പം ഭാഗവതമേ ഇല്ലോട് പോയിടും മുതൽ രണ്ട് സ്ലോകത്തിലേ കുചേലൻ യാരുങ്ങ ആദ്യത്തെ രണ്ട് സ്ലോകത്തിലെ സുധാമാവനെയും ശ്രീ സുഖാചാര്യർ പറഞ്ഞു കഴിഞ്ഞു ആരാണ് അദ്ദേഹം ണോ ബ്രഹ്മവിത്ത വിരക്തേശു പ്രശാന്താത്മാ ജിതേന്ദ്രിയദൃച്ഛയോപന്നോ ഗൃഹാശ്രമി തയ്യാകുചൈല ചുക്ഷാമാവിധം കൃഷ്ണസാസീത് സഖാ കശിത് കൃഷ്ണന് ഒരു സഖാവുണ്ടായിരുന്നു ആരാണ് ബ്രാഹ്മണോ ബ്രാഹ്മണൻ വെച്ചാൽ ഭാഗവതത്തിൽ വെറുതെ ഒരാൾ ബ്രാഹ്മണൻ പറയല്ല മഹാഭാരതത്തിൽ ജ്ഞാനി സന്യാസി എന്നുള്ള വാക്കുകളൊന്നും അധികം കാണില്ല അതിനു പകരമൊക്കെ ജ്ഞാനി സന്യാസി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഭാരതത്തിൽ ബ്രാഹ്മണ എന്നാണ് അർത്ഥം ബ്രാഹ്മണ എന്നാണ് പദം അപ്പൊ ബ്രാഹ്മണൻ എന്നുവച്ചാൽ ബ്രഹ്മനിഷ്ഠൻ എന്നാണ് അർത്ഥം സാധാരണ ശ്രുതി സ്മൃതികാരന്മാര് ബ്രാഹ്മണ ലക്ഷണം പറഞ്ഞപ്പോ വെറുതെ ഒരു ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ആള് വിപ്രൻ എന്ന് പറയാം വേദാധ്യയനം ചെയ്താൽ വൈദികൻ ശ്രോത്രികൻ നല്ലവണ്ണം വേദശ്രവണം ചെയ്ത ആൾക്ക് വേദ അർത്ഥമനം ചെയ്യുന്നത് കൊണ്ട് മുനി ചെയ്താൽ യാജ്ഞികൻ അർത്ഥമനനം ചെയ്യുന്ന ആള് മുനി മന്ത്ര നേടിയ ആള് മന്ത്രദ്രഷ്ട ഋഷി അതും പോരാ മന്ത്രത്തിന്റെ ഒക്കെ സാരമായ ഉപനിഷത്വം സ്വയം സാക്ഷാത്കരിച്ച് ബ്രഹ്മനിഷ്ഠനായാൽ ഏഷ ബ്രാഹ്മണ അപ്പോ സാധാരണ നമ്മളെയൊക്കെ ഇപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞത് ഗൌണാർത്ഥത്തിലാണ് ഒരു കാൻഡിഡേറ്റ് ബ്രാഹ്മണൻ ആവാനായിട്ട് ഒരു ഒരു പുറപ്പാട് ഇപ്പൊ ബ്രാഹ്മണ്യം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് അർത്ഥം കൃഷ്ണസ്യാസീ സഖാകശിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ സംശയിക്കണ്ട ബ്രാഹ്മണ എന്ന് പറഞ്ഞുകൊണ്ട് സംശയിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മവിത്തമഹ ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠനായിട്ട് ഉള്ള ഒരാള് വിരക്താ ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയ വിഷയങ്ങളിൽ പരമവിരക്തർ അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടായിരുന്നു വെച്ചാൽ പ്രശാന്താത്മാ എപ്പോഴും പ്രശാന്തമാണ് ശാന്തമാണ് ശരി ശാന്തി എന്ന് വെച്ചാൽ എല്ലാ ഏർപ്പാടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാങ്കിൽ ധാരാളം ഡെപ്പോസിറ്റ് ഉണ്ട് കുടുംബകാര്യങ്ങളൊക്കെ നോക്കാൻ ആളുകളുണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം ഞാൻ പീസ്ഫുൾ ആയിട്ട് ഈസി ചെയ് കിടക്കണം എന്ന് വെച്ചാൽ വേണ്ടില്ല അങ്ങനെയാണോന്ന് വെച്ചാൽ അങ്ങനെയല്ല അടുത്ത നേരത്തെ ആഹാരം എവിടെ കിട്ടുന്ന അറിയില്ല യോപന്നേന ഓ അപ്പൊ സന്യാസിയാണോ അദ്ദേഹം വർത്തമാനോ ഗൃഹാശ്രമീ ഗൃഹസ്ഥാശ്രമത്തിലാണ് പക്ഷെ ജീവിക്കണത് സന്യാസികളെ പോലെ എതിർച്ചയാണെങ്കിലും നാളെ എന്ത് കിട്ടുന്ന അറിയില്ലയോന് വർത്തമാനോ ഗൃഹാശ്രമി തസ്യത്തിന്റെ പത്നി എങ്ങനെയാ വിശപ്പ് കൊണ്ടു ഊട്ടിയ വേറെ ശരീരത്തിന് വിശപ്പ് ഉണ്ടെങ്കിലും ശരീരം വിശന്നുകൊണ്ടിരിക്കുകയാണ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ അവളും എന്താ ഈ തഥാവിധ കുച്ചേലനെ പോലെ തന്നെ അവിടെ പ്രശാന്താത്മാ ഇന്ദ്രിയ വിര ജയമുള്ളവൾ വിരക്തി ഉള്ളവൾ ഭക്തി ഉള്ളവൾ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ മഥുരാപുരിയിൽ ഭഗവാൻ ഇരിക്കണോ ചെന്ന് കാണാൻ വയ്യ ഇവരെവിടെയിരിക്കണു ഗുജറാത്തിലിരിക്കണു മഥുരാപുരി മധ്യപ്രദേശ് യുപിയോ എവിടെയാ യു പി ഇപ്പൊ ഉത്തരാഞ്ചലായി ഉം ഇപ്പോ കുചേലിന്റെ സ്ഥലം ഗുജറാത്തിലാണ് ഇവിടെ നിന്ന് പോണ്ടേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ കൃഷ്ണൻ ദ്വാരകാപുരിയിലേക്ക് വന്നു എന്നുള്ള വാർത്ത കേട്ടത് എന്നാൽ ദ്വാരകയിലേക്ക് വരുമ്പോഴെങ്കിലും കൃഷ്ണനെ ഒന്ന് പോയി കണ്ടൂടെ വളരെ അടുത്ത് ചെന്ന് കണ്ടൂടെ എന്ന് വെച്ചാൽ ഇദ്ദേഹം കാണാനൊന്നും പോണില്ല പേരിന് കൃഷ്ണന്റെ കൂടെ പഠിച്ച ആളാണ് പരമഭക്തനാണ് എങ്കിലും ഒന്ന് കൃഷ്ണനെ പോയി കണ്ടൂടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭക്തി കാണണം എന്നൊന്നും ഇല്ലയെന്നാണ് കാണണം എന്നൊന്നും അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ബ്രഹ്മവിത്തമ ഹാ എന്ന് പറഞ്ഞത് കൃഷ്ണനെ അടുത്തുണ്ടോ പോയി കാണണ്ടേ കണ്ടുകൊണ്ടേ എന്താ കാണാൻ ചെന്ന് കാണണം എന്ന് ഭ്രമണ മഹർഷി പതിനേഴാമത്തെ വയസ്സിൽ അരുണാചലത്തിലേക്ക് വന്നു ഞാൻ എന്റെ അച്ഛനെ കാണാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് വന്ന് അരുണാചലേശ്വരനെ ആലിങ്കനം ചെയ്തു വീട്ടിൽ നിന്ന് സർവ്വം ഉപേക്ഷിച്ച് ഗൌപീനധാരിയായി അമ്പത്തിനാല് വർഷം തിരുവണ്ണാമലയിൽ ഉണ്ടായിരുന്നുണ്ട് പുറത്ത് എവിടെയും പോയിട്ടില്ല ആ ക്ഷേത്രം വിട്ടൊരു സ്ഥലത്തേക്ക് പോയിട്ടില്ല ജീവിതത്തിൽ യാതൊരു മാറ്റമില്ല അമ്പത്തിനാല് വർഷം രണ്ടാമതൊരു പ്രാവശ്യം അരുണാചലേശ്വര ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ ദർശനത്തിനും പോയിട്ടില്ല അത് അങ്ങനെ ഒരു ഭക്തി ഒരിക്കൽ കാണേണ്ട രീതിയിൽ കണ്ടു എന്ന് വെച്ചാൽ പൂർണ്ണമാണെന്നാണ് ഭേദമുണ്ടെന്നേ തോന്നണ്ട കാണണമെന്നുള്ള ഭാവം പോലും ഇല്ല എന്നാണ് അതിന് വിട്ടുപോയി തോന്നുമ്പോഴേ അങ്ങോട്ട് പോകണത് എപ്പോഴും കണ്ടുകൊണ്ടേ ഇരിക്കണം പോയി ഭഗവാനെ കാണണം എന്ന് തോന്നണ്ടില്ല ഒരു ദിവസം പത്നി പതുക്കെ ചെന്ന് പറഞ്ഞു ഹേ ഭഗവൻ അങ്ങനെയാ വിളിക്കണം സുധാമാ പത്നി ബ്രഹ്മന് ഭഗവതഹ സഖാ സാക്ഷാത് ശ്രീയഫ്പതിഹി കൃഷ്ണന് കൊടുത്ത വിശേഷണം ശ്രീയഫ്പതിഹി ഭഗവാനായ അവിടുത്തെ ആ ഭഗവത്വം ഈശ്വരത്വം അവൾ സുധാമാവിൽ കാണുന്നു സാധാരണ കുടുംബത്തിൽ വിഷമമായാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബഹുമാനമൊക്കെ പോയിപ്പോ അല്ലേ ഇതായിരിക്കണം ഒന്നുമില്ലാതെ നാമം ലഭിച്ചുകൊണ്ടിരിക്കണം ഇവിടെ മുഴുവൻ ഭക്ഷണിയാണ് എന്റെ തലയിൽ എഴുത്തതെന്ന് പറയുന്നു ഇത്രയും വിഷമം ഉണ്ടായിട്ടും യാതൊരു അവർക്കില്ല എങ്കിലും ഇപ്പൊ ഭഗവാൻ അടുത്ത് വന്നിരിക്കണമല്ലോ ഒന്ന് ചെന്ന് കാണാലോ സഖാ സാക്ഷാത് ശ്രീയ്പതി ബ്രഹ്മണ്യസ് ബ്രാഹ്മണരോട് अपार भक्ति ഭഗവാൻ ശരണ്യസ് ശരണാഗത വത്സലനാണ് ചെന്ന് കണ്ടു കൂടെ അന്ന് ഇങ്ങനെ ഒരു ദിവസമല്ല പലവട്ടം അതും വളരെ ബഹുമാനത്തോടുകൂടെ വേപമാന അഭിഗമ്യച്ഛൻ പരമഭാഗവതനായ ഒരാളോട് ലൗകിക അഭ്യർത്ഥനയ്ക്ക് ഞാൻ പോകണമല്ലോ എന്നുള്ള ഭയത്തോടുകൂടെ അടുത്തു ചെന്ന് പലവട്ടം പറഞ്ഞു അങ്ങനെ പലവട്ടം പറഞ്ഞ ശേഷം ഒരു ദിവസം ഒന്ന് ആലോചിച്ചു അത്ര ഓ എന്നാ എന്തിനാപ്പോ പുറപ്പെടുന്നതെന്ന് വെച്ചാൽ പോയിട്ട് എന്തെങ്കിലും പണം തരുന്നു പറഞ്ഞിട്ടല്ല അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം ഭഗവാന്റെ ദർശനം ഇന്ന് വലിയ ലാഭം ഇത്രയും വിഷമങ്ങൾക്ക് നടുവിലും ഭഗവാന്റെ ദർശനം കിട്ടുമല്ലോ അതാണിപ്പോ വലിയ ലാഭം അപ്പൊ ചോദിച്ചു നമ്മൾ എന്താ കൊണ്ടുപോകേണ്ടത് പുറമേക്ക് ദാരിദ്ര്യമാണെങ്കിലും കുറെ സമൃദ്ധമായ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയാ വേണ്ടില്ലാന്നുണ്ട് ഈ ഭക്തന്മാരുടെ ഹൃദയം സമൃദ്ധമായതുകൊണ്ടേ വീട്ടിലെ ദാരിദ്ര്യം ഒന്നും അവർക്ക് അറിയില്ല തുക്കാറാം ഇങ്ങനെയായിരുന്നു അത്രെ ആകപ്പാട് കടയാണ് അദ്ദേഹത്തിന് അദ്ദേഹം കട തുറന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ളവരൊക്കെ വരും വെറുതെ കൊടുക്കുന്നറിയ സാധനങ്ങൾ വിഷമമാണ് ഇത്തിരി അരി വേണം ഗോതമ്പ് വേണം ധാരാളം എടുത്തുള്ളതൊക്കെ നിങ്ങളുടെ അല്ലേ ഒന്നും തൻ്റെ എന്നുള്ള വിചാരമില്ല എടുത്തു കൊടുക്കും ഇങ്ങനെ കച്ചവടം നടത്തി എങ്ങനെ ജീവിക്കും ഒക്കെ കടം വിഷമം എന്നിട്ട് ചില ദിവസം കടയെന്ന് വരികയില്ല അപ്പൊ ഭാര്യക്ക് അറിയാം കട തുറന്നിട്ടിട്ട് പണ്ടർപൂരിലേക്ക് പോയിട്ടുണ്ടാവുന്നു അവര് വന്ന് കടയൊക്കെ പൂട്ടിയിട്ട് പോകും ഭാര്യ ഇപ്പൊ സുധാമാവിന്റെ ഭാര്യയെ പോലെയല്ല നല്ലവണ്ണം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ചീത്ത പറയും ഇത് എന്താന്ന് വെച്ചാൽ ഇത്ര ദാരിദ്ര്യം ഉണ്ടാനില്ലയോ എടുക്കാനില്ലയോ വീട്ടിൽ കുട്ടികളെ ദാരിദ്ര്യത്തിൽ വിഷമിക്കുമ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ചീത്ത പറയണത് കുറ്റം പറയാൻ പാടില്ല വഴി പോണ ഭാഗവതന്മാരെയൊക്കെ വീട്ടിൽ ഊണ് ഒഴിക്കാൻ വിളിച്ചോണ്ടി വരും വീട്ടിലൊന്നുമില്ല വഴിയിൽ പോണ ഭാഗവതന്മാരെയൊക്കെ പരമഭക്തിയോടുകൂടെ വീണ് നമസ്കരിച്ച് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഭോജനം വിളിച്ചോണ്ട് വരും ഈ അമ്മ അടുത്ത വീട്ടിലൊക്കെ ചെന്ന് അവിടെ എവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇടിച്ച് ചപ്പാത്തി ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കും കൊടുത്ത് അവരങ്ങോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് വായിട്ടും ഈ വന്ന ഭാഗവതന്മാര് പോയി കഴിഞ്ഞ് അപ്പൊ അദ്ദേഹം സന്തോഷമായിട്ട് പറയത്രെ ആ അവരുള്ളപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ നീ പതിവ്രത അവരു പോയ സ്റ്റേഷനിലിപ്പോ എന്നെ ചീത്ത പറഞ്ഞത് അത് കുഴപ്പമില്ല എന്നെ എത്ര മണി ചീത്ത പറഞ്ഞോളൂ സമയത്തൊന്നും പറഞ്ഞില്ലല്ലോ ഭക്തന്മാരുടെ കഥയൊക്കെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഇത്രയും ദാരിദ്ര്യത്തിൽ സുധാമാവിന് ശാസ്ത്ര പരിപാലനം ചെയ്യണം ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോ കയ്യിൽ എന്തെങ്കിലും കണ്ടുപോകണം റിക്തഹസ്തെന്ന് നോപ്പേയാത് രാജാവണം ദൈവത്തും ഗുരു ഗുരുവിനെ കാണാൻ പോകുമ്പോ ഇഷ്ടദേവനെ കാണാൻ പോകുമ്പോ രാജാവിനെ കാണാൻ പോകുമ്പോ വെറും കൈയ്യോടെ പോകണ്ട ഇതിപ്പോ ഭഗവാൻ രാജാവുമാണ് ഇഷ്ടദൈവവുമാണ് ഗുരുവുമാണ് അമ്മ അവിടെ ഇവിടെ ചെന്ന് കുറച്ച് അവൽ കൊണ്ടുവന്നു ഇദ്ദേഹം ഒന്നും ചോദിക്കില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ടൊരു സൈലന്റ് മെസ്സേജ് രഹസ്യ സന്ദേശം കൃഷ്ണന് തന്റെ പഴകിയ ചേലയിൽ നിന്നും അല്പം കീറിയെടുത്ത് അതിൽ ഈ അവല് കെട്ടിക്കൊടുത്തു ഇത് കണ്ട് ഭഗവാൻ മനസ്സിലാക്കി കൊള്ളണം അതുംകൊണ്ട് കുചേലൻ ഭഗവാന്റെ അടുത്തേക്ക് യാത്രയായി ദ്വാരകാപുരിയിൽ എത്തി ദ്വാരകയിൽ അനേകം പേർ ഭഗവാനെ കാണാനായിട്ട് ഇരിക്കുന്നുണ്ട് രാജാക്കന്മാരും മറ്റുമൊക്കെ ഇരിക്കുന്നുണ്ട് സുധാമാ ആരും തടസ്സം ചെയ്തില്ല നേരെ അകത്തേക്ക് വിട്ടു എന്താന്ന് വെച്ചാൽ ഭക്തന്മാർക്ക് എപ്പോഴും വേണമെങ്കിലും എപ്പോഴും ഭഗവാനെ കാണാം നേരെ അങ്ങടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുധാമാ ദൂരത്തിൽ നിന്ന് ഭഗവാൻ കണ്ടു പരമവിരക്തനായ ഈ ഭക്തൻ വരുന്നത് ഭഗവാൻ ദൂരത്തിൽ കണ്ടു മാളിക മുകളിൽ നിന്നും ഇറങ്ങി ഓടി ഭഗവാൻ സുധാമാവിനെ ആലിംഗനം ചെയ്തു സാധാരണ ഭക്തൻ ഭഗവാനെ കാണുമ്പോൾ വികാരഭരിതനാവും പക്ഷെ ഇവിടെ സുധാമാവിന്റെ അംഗസ്പർശം ഏറ്റതും ഭഗവാൻ കരഞ്ഞു സഖ്യു പ്രിയസ്യ വിപ്രർഷേ അംഗസംഗ അതിനിർവൃത പ്രീത്തോ വ്യമുഞ്ചത് അബിന്ദു നേത്രാഭ്യാം പുഷ്കരേക്ഷണ ഇവിടെ ഭക്തൻ കരഞ്ഞില്ലേ ഭക്തൻ നിർവികാരനായിട്ടിരിക്കണോ ഭഗവാനാണ് വികാരഭരതനാവുന്നത് സഖ്യുഹു പ്രിയസ്യ വിപ്രർഷേ അംഗസംഗ അതിനിർവൃത ഈ വന്നിരിക്കുന്നത് ആരാണ് സഖാവാണ് ബ്രഹ്മ ഋഷിയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ ആ അംഗസ്പർശം ഏറ്റതും ഭഗവാൻ വികാരഭരിതനായി ഭഗവാൻ കരഞ്ഞു കൈപിടിച്ച് അവിടെ ആസനത്തിലിരുത്തി പാദപ്രക്ഷാളനം ചെയ്തു ആ പാദജലം തന്റെ ശിരസിൽ പ്രോക്ഷണം ചെയ്തു രുക്മിണിദേവിക്ക് പ്രോക്ഷണം ചെയ്തു എല്ലാവർക്കും പ്രോക്ഷണം ചെയ്തു ഇന്ന് ദ്വാരകാപുരിയെ പവിത്രമായിരിക്കും ഏകാദശത്തിൽ ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞു നിരപേക്ഷനും ബ്രഹ്മനിഷ്ഠനും പരമവിരക്തനും സർവഭൂത സുഹൃത്തുമായ ഒരു സാധുവുണ്ടെങ്കിൽ ആ ഭക്തന്റെ പുറകെ ഞാൻ നടക്കും അവന്റെ പാദസ്പർശമേറ്റ മണ്ണ് എന്റെ മേലെയും അല്പം സ്പർശിച്ച് ഞാൻ എന്നെ തന്നെ ഒന്ന് പവിത്രമാകട്ടെ നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമി അഹം നിത്യം പൂയേത്തി അങ്ക്രി രേണുബേഹി അവന്റെ പാതരജസ് എന്നെ ശുദ്ധമാക്കാനായിട്ട് ഭക്തന്റെ പുറകെ ഞാൻ നടക്കും എന്ന് പറഞ്ഞത് ഇവിടെ പ്രായോഗികമായിട്ട് കാട്ടാണ് സുധാമാവിനെ ഇരുത്തി പാദപ്രക്ഷാളനം ചെയ്ത് ഭഗവാൻ സ്വയം ആ ജലം പ്രോക്ഷണം ചെയ്തു ആതിഥ്യസത്കാരം കഴിഞ്ഞു രണ്ടുപേരും കൂടെ അങ്ങനെ ആട്ടുകെട്ടലിൽ ഇരുന്നു പഴയ വർത്തമാനങ്ങളെ കഥകളൊക്കെ പറയുകയാണ് എന്താ സുധാമാവ് സൗഖ്യം തന്നെയല്ലേ സമാവർത്തനം കഴിഞ്ഞ് വേദാധ്യയനമൊക്കെ നമ്മൾ തമ്മിൽ പെയിഞ്ഞ ശേഷം കണ്ടിട്ടില്ലല്ലോ അങ്ങ് ഗുരുകുലത്തിൽ നിന്നും തിരിച്ചു ചെന്ന് ഗ്രഹസ്ഥാശ്രമിയായോ കുടുംബത്തിലാണോ വർത്തിക്കുന്നത് അങ്ങയുടെ ജീവിതം സുഖമാണോ എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനൊരു ചോദ്യം സുധാമാവനോട് ചോദിച്ചാൽ സാധാരണ എന്തു പറയണം രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾ സൗഖ്യമായിരിക്കില്ല ആ ലോകത്തിൽ ഒരുപാട് പണമാണെങ്കിലും സൗഖ്യം ഉണ്ടാവില്ല പണമേ ഇല്ലെങ്കിൽ ദാരിദ്ര്യമാണെങ്കിൽ നാളത്തേക്ക് ശാപ്പാടനോ എന്താ വഴി സൗഖ്യം ഉണ്ടാവില്ല ഇവിടെ ഭഗവാൻ സിരിയ്പതി ആയിട്ട് ധന ധനസമൃദ്ധിയോടെ ഇരിക്കുന്നു കുചേലനോ നാളത്തേക്കില്ല രണ്ട് രണ്ട് എക്സ്ട്രീംസ് ആണ് എന്നിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ സമൃദ്ധം ആണ് അദ്ദേഹത്തിന് ഇപ്പൊ എന്താ സമൃദ്ധി ശാന്തി സമൃദ്ധം അമൃതം സമൃദ്ധമായ ശാന്തി ഉള്ളില് നിറഞ്ഞ ശാന്തി ഇതെങ്ങനെ വന്നു ഭഗവാൻ തന്നെ അതിനൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ഭഗവാൻ പറഞ്ഞു ഹേ സുധാമാവേ അദ്ദേഹം ഒന്നും ഉണ്ടാക്കുചേരാൻ ഭഗവാൻ തന്നെ പറയാണ് എല്ലാം ഭഗവാൻ തന്നെ പറഞ്ഞോളൂ ഭഗവാൻ പറയാണ് ഞാൻ ഈകൾ രണ്ടു വിധത്തിലുണ്ടാവും ചിലർ അങ്ങയെ ചിലർ എന്നെ ദ്വിജോ വിജ്ഞായ വിജ്ഞയം തമസഫ് പാറം അശ്നു അറിയേണ്ടത് അറിഞ്ഞ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ അറിയേണ്ടത് എന്താണ് സത്യം ആത്മവസ്തു ആത്മാവിനെ അറിഞ്ഞ് ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനി അജ്ഞാനത്തിന്റെ ഇരുട്ട് തികച്ചും വിട്ടുപോകുന്നു അതോടുകൂടെ അയാൾക്ക് സംസാര ദുഃഖമൊക്കെ അസ്തമിച്ചു ദ്വൈതപ്രപഞ്ചമേ ഇല്ല അങ്ങനെയുള്ള സ്ഥിതിയിൽ ചിലർ അങ്ങേ പോലെ ദാരിദ്ര്യമാണെങ്കിൽ പോലും നിഷ്കാമ നൈഷ്കർമ്മ്യ സ്ഥിതിയിൽ കർമ്മം ചെയ്യാതിരിക്കും ചിലര് എന്നെ പോലെ കേജിത് കർമാണി കുറുവതി കാമൈ അഹതചേതസഹ ത്യജന്ത പ്രകൃതി ദൈവീ യഥാഹം ലോകസംഗ്രഹം ലോകസംഗ്രഹത്തിനായിക്കൊണ്ട് സൂക്ഷ്മശരീരത്തിനെ പ്രകൃതിയെ ഉള്ളിൽ നിന്നും വിട്ട് അജ്ഞാനം നീക്കി ആത്മനിഷ്ഠനായിരുന്നു കൊണ്ട് ലോകത്തിൽ കർമ്മം ചെയ്യും ഇതാ ഞാൻ ചെയ്യണില്ലേ അതുപോലെ നമ്മളുടെ ഗുരുകുല വാസൌക്തിനെ അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് പലതും ചോദിച്ചു ഭഗവാൻ സുധാമാവിനെ നമുക്ക് ആലോചിക്കാം ഒന്നും ഉണ്ടരണ്ട് വളരെ വിനയത്തോടു കൂടെ ഒരു മന്ദഹാസം മാത്രമായിട്ട് അവിടെ ഇരിക്കാണ് ഇവര് പാഠശാലയിൽ പഠിക്കുമ്പോ ഒരു ദിവസം വിറക് പെറുക്കാനായി കാട്ടിൽ ചെന്നു മഴ പെയ്തു ഭയങ്കരമായിട്ട് സുധാമാവ് പേടിച്ചു ഭഗവാൻ സുധാമാവിനെ അങ്ങോട്ട് ആലിംഗനം ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്നു രാത്രി മുഴുവൻ കാട്ടിൽ കഴിച്ചുകൂട്ടി രാവിലെ ആയപ്പോ സന്ദീപിനി മഹർഷി പറഞ്ഞു കുട്ടികളെ എനിക്ക് വേണ്ടി പ്രാണനെ പോലും ഗണിക്കാതെ പ്രാണനെ പോലും ഗണിക്കാതെ നിങ്ങള് ഈ കൈങ്കരീം ചെയ്യാനായിട്ട് പുറപ്പെട്ടുവല്ലോ നിങ്ങൾക്ക് ഞാൻ ഉപദേശിച്ചത് മുഴുവൻ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹം ചെയ്തു ആ ഗുരുവിന്റെ അനുഗ്രഹമാണ് നമ്മളിതായിപ്പോ എല്ലാ വിഷമങ്ങൾക്ക് നടുവിലും പ്രശാന്തരായിട്ട് ഇരിക്കുന്നത് ഗുരോഹോ അനുഗ്രഹേണൈവ് പുമാൻ പൂർണ്ണഹാ പ്രശാന്തയെ ഇത്രയും പറഞ്ഞ് രാത്രി എങ്ങനെ സംവാദം ചെയ്ത് ഇരിക്കുമ്പോ ഭഗവാൻ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ കിമുപായനമാനീത്തം ബ്രഹ്മന്മേ ഭഗാത് വിഷാവതാരത്തിൽ എപ്പോഴാ ഈശ്വരത്വം വരുക എപ്പോഴാ സാധാരണ തലത്തിലേക്ക് ഭഗവാൻ വരുക എന്നുള്ളത് ഒരു ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അദ്ഭുതമാണ് ഒരു ക്ഷണനേരം സഖാവായിരിക്കും അടുത്ത ക്ഷണ നേരം ഈശ്വരനാവും ഒരു ക്ഷണനേരം കുട്ടിയായിരിക്കും അടുത്ത ക്ഷണനേരം ഈശ്വരനാവും ഒരു ക്ഷണനേരം ആചാര്യനായിരിക്കും അടുത്ത ക്ഷണനേരം വിശ്വരൂപം എടുക്കും ഒരു ക്ഷണ ഒരു മധുരഭാവത്തിൽ ഭഗവാൻ അടുത്ത ക്ഷണ ഈശ്വരത്വം ഗോപസ്ത്രീകളുടെ നടുവിൽ ഇത് രണ്ടും കാണും രുക്മിണി ദേവിയുടെ അടുത്തുള്ള പെരുമാറ്റത്തിൽ ഇത് രണ്ടും കാണും ഒരിക്കൽ രുക്മിണി ദേവിയോട് പറയും എന്നെന്തിനാ വിവാഹം കഴിച്ചത് എത്ര പേരുണ്ട് ഞാനൊരു അകിഞ്ചനൻ എത്ര ആളുകളുണ്ട് അവരെയൊക്കെ വിട്ട് എന്നെ വിവാഹം കഴിച്ചാൽ ഒരു സാധാരണ ഭർത്താവ് ഭാഗ്യയെ പോലെ അടുത്ത ക്ഷണ ഈശ്വരത്വത്തിലേക്ക് വരും സുധാമാവിനോട് ഇത്ര നേരം കൂട്ടുകാരനായിട്ടും മറ്റും ഒക്കെ വർത്തമാനം പറഞ്ഞ ഗുരുകുലത്തിലത്തെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ പതുക്കെ ചോദിച്ചു എന്താ കൊണ്ടുവന്ന് ഈ ഈശ്വരത്വം പ്രകാശിക്കാൻ പുറമേ നിന്നും എന്തെങ്കിലും ഒന്ന് സ്പർശിക്കണം കൃഷ്ണാവതാരത്തിൽ അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും രാമാവതാരത്തിൽ എപ്പോഴെങ്കിലുമേ ഉള്ളൂ ഒന്ന് രണ്ട് സന്ദർഭത്തിലേ ഉള്ളൂ അത് കരുണ കോപം രണ്ടടുത്ത് ഒന്ന് കാരുണ്യം ജടായു മോക്ഷം ചടായു തനിക്ക് വേണ്ടി കൈകര്യം ചെയ്ത് രാവണനാൽ വധിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടുപോ കാരുണ്യത്തിനാൽ ഭഗവാൻ പറഞ്ഞു ഞാനാജ്ഞ തരുന്ന ഊർധ്വലോകത്തിലേക്ക് പോവുക ഗൃദ്രരാജ മഹാസത്വ ഗച്ഛലോകാനുത്തമാൻ മയാത്വം സമനുജ്ഞാത ഞാനിതാ ആജ്ഞാപിക്കുന്നു പോവുക പറഞ്ഞു അതേപോലെ സമുദ്ര വിളിച്ചിട്ട് വരാതായപ്പോഴും അസ്ത്രം കൊണ്ടൊരു എന്ന് പറഞ്ഞു ലക്ഷ്മണനോട് പറയുമ്പോൾ സമുദ്രത്തിന് ഇല്ലാതാക്കാം എന്ന് പറഞ്ഞു അതൊക്കെ അപൂർവം കൃഷാവതാരത്തിൽ തുടർന്ന് നിൽക്കും പക്ഷെ ഭഗവാൻ ഈ വേഷം മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പൊ സുധാമാവിനോട് ഇത്ര നേരം സഖാവായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ സാധാരണ തലത്തിൽ ചോദിച്ചത് ഏട്ടത്തിമ്മ വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് കിം ഉപായനമാനീതം ബ്രഹ്മന്മേ ഭവതാഗൃത്ത് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിണ്ടാവുമല്ലോ അണു അങ്ങനെ അടുത്ത ക്ഷണം ആ ദേഹം ഇങ്ങനെ മടിച്ചു മടിച്ച് കഷത്തിൽ വേണേ അതിൽ ശ്രദ്ധ വീണതും ആ ദാരിദ്ര്യം ആ വിഷമം അതൊക്കെ അത് പറയുന്നുണ്ട് കഥ പറയുന്നുണ്ട് തുണി ആ തുണി ഒരു കഥ പറയുന്നു അത് കണ്ടതോടുകൂടെ ഭഗവാന്റെ ഈശ്വരത്വമാണ് പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത പ്രയച്ചതി തദഹം അശ്നാമി പ്രേതാത്മനഹ പത്രമാണെങ്കിലും ചെറിയ ഗീതയിലെ ശ്ലോകം അതേപടി വിടും ഒരു എലയാണെങ്കിലും ചെറിയ ഒരു പൂവാണെങ്കിലും ശരി ഫലമാണെങ്കിലും ശരി വെറും ജലമാണെങ്കിലും ശരി ഭക്തിയോടുകൂടെ എനിക്ക് അർപ്പണം ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്വീകരിക്കും ഭക്തന്മാർ എന്താണോ കൊണ്ടുവരുന്നത് ഇത്ര ഇപ്പൊ സഹാവല്ല സഹാവ് എന്നുള്ള ഭാവം പോയി ഭക്തി ഭക്തിയോടുകൂടെ ആരെക്ക് അർപ്പിക്കണോ അത് ഞാൻ സ്വീകരിക്കും ഇദ്ദേഹം കൊടുക്കണില്ല ഇദ്ദേഹത്തിന് കൊടുക്കല് വാങ്ങലോ ഇല്ല സുധാമാവന് ഭക്തന് യാതൊന്നും വേണ്ടെങ്കിലും ഭക്തനെ സേവ ചെയ്യുന്ന ആളുകൾ വിഷമിക്കരുത് അവരെ അനുഗ്രഹിക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു ഇത്തം വിചിന്തി വസനത് ചീരബദ്ധാദ് ജന്മനഹം സ്വയം ജഹാറ കിമിതം ഇത് പൃഥുഗ തണ്ടുലാന് ഇതെന്താണെന്ന് പറഞ്ഞ് പറിച്ച് എടുത്തു തന്നെ പരിച്ചെടുത്ത് തുറന്നു ഹാ കുറച്ചു ദിവസമായി കൃഷ്ണൻ ഒന്നും കഴിക്കണില്ല അതാണ് വിഭവ സമൃദ്ധമായൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രുചിയില്ല രുചിയില്ല നിങ്ങൾക്കൊന്നും ഉണ്ടാക്കാനേ അറിയണില്ല രുഗ്മിണി ദേവിയൊക്കെ വിചാരിച്ചു ഭഗവാനും വയറ്റിലെന്തോ കുഴപ്പമുണ്ട് എന്തു കൊടുത്താലും ഒന്നും ഭക്ഷിക്കണില്ല അപ്പോഴാണ് ഈ പഴയ അവല് അതിലെന്തോ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും ആ അവല് കണ്ടതും അവലേ കിട്ടാത്ത പോലെ കഴിക്കാത്ത പോലെ അതങ്ങനെ കൈവെച്ചു എനിക്കിത് ഇഷ്ടമാണെന്നുള്ളത് ഇപ്പോൾ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കണമല്ലോ ആദ്യത്തെ പിടി വായിലിട്ടും രണ്ടാമത്തതും കൈവെച്ചപ്പോ രുണീദേവിക്ക് വിഷമായി ഭഗവാൻ കൂടുതൽ ഈ അവൽ തിന്നണ്ട മതി ഏതാവാതാ അവൻ വിശ്വാത്മൻ സർവസമ്പദ്ധ മതി ഈ ഒരു പിടിയോടെ മതി എല്ലാ സമ്പത്തും കിട്ടിക്കോളും സർവസമ്പദ് സമൃദ്ധിയും ഉണ്ടായിക്കോളും ഭക്ഷണമൊക്കെ കഴിഞ്ഞു രാത്രി രുഗ്മിണീദേവി തന്നെ അടുത്ത് വീശിക്കൊടുത്ത അത്രയും സുധാമാവൻ നല്ലൊരു പട്ടുവസ്ത്രം നിർബന്ധമായി ഭഗവാൻ ഉടുപ്പിച്ചു അടുത്ത ദിവസം രാവിലെ കുളിച്ചു ഒരുവിധം സന്ധ്യാവന്തനമൊക്കെ കഴിച്ചു സുധാമാവന് മനസ്സിൽ തിരിച്ചു പോണെന്നുണ്ട് എന്താന്ന് വെച്ചാൽ കൊട്ടാരത്തിലൊന്നും അദ്ദേഹത്തിന് താമസിക്കാൻ വയ്യ അതും ഭഗവാൻ വളരെ ബിസി രാജാവ് ദ്വാരകാധീശൻ ഭഗവാൻ നിർബന്ധിക്കുവോന്നണപ്പോ താമസിക്കാനായിട്ട് ഭഗവാൻ ചോദിച്ചു എന്താ സുധാമാവെ പുറപ്പെടുകയല്ലേ ഭഗവാൻ വളരെ സന്തോഷിച്ചു സുധാമാവ് സന്തോഷിച്ചു കുച്ചേലൻ എന്താന്ന് വെച്ചാൽ ബ്രാഹ്മണന്റെ ജീവിതവും നിഷ്ഠയും തപസനയും രക്ഷിക്കാൻ എന്തൊരു ശ്രദ്ധ അതുകൊണ്ട് തന്നെ പോവാൻ പറയണല്ലോ എന്ന് വിചാരിച്ചില്ലാന്നാണ് ബ്രാഹ്മണന്റെ ജീവിതവും നിഷ്ഠയും ഒക്കെ രക്ഷിക്കാൻ എന്തൊരു ശ്രദ്ധ പക്ഷെ തല തലയിൽ ചോഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ നിന്നു എന്താപ്പോ സംശയം സുധാമാ സുധാമാവിനൊപ്പ എന്താ സംശയം സുധാമാവ് പറഞ്ഞു ഈ വസ്ത്രം ടു വസ്ത്രമാണ് കൊടുത്തിരിക്കണതേ തലേ ദിവസം കൊടുത്തതാണ് അത് അഴിച്ചു വെച്ച് തന്റെ പഴയ ആ പഴകിയ തുണി എടുത്തോണ്ട് വേണം പോകാനിപ്പോ അല്ല അത് തന്നെ എടുത്തു പോയിക്കോളൂ ഇത് എടുത്ത് പുറത്തു ഒരു മടി നാലുപേരും ഒരു വിധമായിട്ട് നോക്കും ഈ പഠ്യവസ്ത്ര ഒന്നും പരിചയമില്ല ഇതൊക്കെ എടുത്ത് പുറത്തു പോവാനൊരു മടി ആളുകൾ കാണുമ്പോ ഒരു ഒരു വിധത്തിൽ നോക്കൂ അങ്ങനെ സുധാമാവിന്റെ ഭാവം മനസ്സിലാക്കി ഭഗവാൻ പഴയ വസ്ത്രം തന്നെ കൊടുത്തു ആ പട്ട്യവസ്ത്രം വാങ്ങിച്ചു വെച്ചു ഭഗവാൻ പറഞ്ഞു വത്ര ഇതൊക്കെ ഭക്തന്മാരുടെ ഭാവമാണ് ഭഗവാൻ പറഞ്ഞു വത്ര എനിക്ക് സുധാമാവ് കൊറേ ദിവസം എടുത്ത് കഴിഞ്ഞ വസ്ത്രം നിർമാല്യമായിട്ട് എനിക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്നലെ വിടുത്ത പട്ടുവസ്ത്രം കിട്ടിയല്ലോ ഭഗവാൻ അതിന് തന്റെ പൂജാ സാമഗ്രി ഭഗവാൻ ഈ ഭക്തന്റെ ഈ ദ്രവ്യന്തര തിരിച്ചു കുചേരൻ തന്റെ സ്ഥലത്തേക്ക് വരുന്നു ഗ്രാമത്തിലേക്ക് വരുന്നു ഉള്ളിൽ പ്രവേശിക്കുമ്പോ തന്നെ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളുണ്ട് അവിടുത്തെ അമ്പലം അമ്പലത്തിലെ കമ്മിറ്റിയിലത്തെ ആളുകൾ എല്ലാവരും ഉണ്ട് ഒരു പൂർണ്ണ കുംഭമായിട്ട് ഇനി എല്ലാവർക്കും വേണമല്ലോ ആയിട്ട് വരണ്ടേ ചില ദിവസം വേറെ ആരും ശ്രദ്ധിച്ചില്ല ഇവരൊക്കെ കൂടെ വരുന്നത് കണ്ടപ്പോൾ വരണ്ടത് പോകുന്നു സ്വീകരിക്കാണോ അല്ലാത്താലേ ഒറ്റ ബ്രാഹ്മണൻ എല്ലാരുമ വന്നിട്ട് ആരോ പിന്നാലെ വരാളാ ഓരോ പോന്നാ എല്ലാരും തനക്ക് നേരം വരാം സ്വീകരിച്ചു പോരാ തന്നോട് ഗൃഹം ഇടം അപേ അരമനാക്ക് കുടീരം കുടില് സ്ഥലത്ത് കൊട്ടാതം യാതൊരു വികാരവും കാണിച്ചില്ല എന്നാണ് അകത്ത് ചെന്ന് നോക്കിയാൽ സ്വർണ്ണമയമാണെല്ലാം ലൈറ്റ് ഇലക്ട്രിസിറ്റി ഒന്നും കറണ്ട് ഒന്നും പോകില്ല ഒക്കെ രത്നമാണ് ഇന്നൊക്കെ എന്താ പറയാ സൂര്യ വെളിച്ചം എത്തുന്ന എനർജി എടുത്ത് രാത്രിക്ക് എത്തുന്ന ലൈറ്റ് ഉണ്ട് അതിനെന്താ പറയാ സോളാർ അതേപോലെ സൂര്യകാന്ത കല്ലുകൾ ഘടിപ്പിച്ചിരിക്കുകയെന്നാണ് ഈ സൂര്യകാന്ത കല്ല് അന്നും ഉണ്ടായിരുന്നു പകൽ സമയത്ത് സൂര്യ എടുത്ത് രാത്രി വേണമെങ്കിൽ അത് പ്രകാശിക്കുകയോ ഒക്കെ ചെയ്യും അങ്ങനെ മുറികളിലൊക്കെ രത്നങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ് കട്ടിലൊക്കെ സമുദ്രത്തിൽ അലയടിക്കണ പോലെയാണെന്നാണ് എന്ന് വെച്ചാൽ കിടന്നാൽ അങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ പോകും ഭയപ്പേന നിഭാഷയ്യ സുധാമാവിന് കിടക്കാൻ പറ്റുമോ അതില് ഭഗവാൻ കൊടുത്തു കാര്യം ശരി ആസ്വദിക്കാനുള്ള ഭാവം വേണ്ടേ ഇതൊക്കെ കൊടുത്തു അങ്ങനെ പല സുഖ സമൃദ്ധിയായ ഒരു പാലസ് കൊടുത്തു അടുത്ത ദിവസം സുധാമാവ് വീണ്ടും അവിടെ അമ്പലത്തിന്റെ അടുത്ത് ഒരു ആലു മേത്തി ചോട്ടിൽ ജപിക്കാനിരിക്കണ്ടത്ര രാവിലത്തെ അനുഷ്ഠാനത്തിന് എന്താ വീട്ടിലിരുന്ന് കൂടെ അവിടെ ഇരുന്നാൽ ജപിക്കാൻ പറ്റണ്ടേ അവിടെയൊക്കെ ടൈൽസ് ഇട്ടിരിക്കണു സ്വർണം കൊണ്ടുണ്ടാക്കിയ സാമഗ്രികളൊക്കെ വെച്ചിരിക്കണു ഇതൊക്കെ കണ്ടാൽ ഇതിന് ഇത്ര ഉണ്ടാവും ജപം ഓടില്ല ഇതിൽ തന്നെ പോകും മനസ്സ് പിന്നെ ആളുകൾ വന്നിട്ട് ഒരു തൊരു ഇല്ല വരിവിധിയായിട്ട് അതാണ് ഭഗവാൻ പറഞ്ഞത് ധാരാള സമ്പത്തുള്ള ആളുടെ സമ്പത്തൊക്കെ എടുക്കും അത്രേ അവന് മനസ്സിലാവുള്ളൂ തനിക്ക് വാസ്തവത്തിൽ ആരും കൂടെ ഇല്ലെന്ന് അല്ലെങ്കിൽ ഇതിനു വേണ്ടി ആളുകൾ ഇങ്ങനെ വരും സുധാമ ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെട്ടില്ല അജിതം പരാജിതം അജിതനായ ഭഗവാൻ ഈ ഭക്തന്റെ മുമ്പിൽ പരാജിതനായിട്ട് തീർന്നു എല്ലാറ്റിന്റെ നടുവിലും ഇരുന്നുകൊണ്ടും യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ തദ്ധാമേ അച്ചിരത്ത സതാഗത്യം ഭഗവാന്റെ പരമധാമത്തിൽ സ്ഥിരപ്രതിഷ്ഠിതനായിട്ട് തീർന്നു ആ പരമഭാഗവതൻ ഈ കുചേല ചരിത്രം ശ്രവണം ചെയ്യുന്നവരും കർമ്മബന്ധാത്തിൽ വിമുച്ഛേ കർമ്മബന്ധത്തിൽ നിന്ന് വിമുക്തരാകുന്നു ഇങ്ങനെ ഒരു പരമഭാഗവതന്റെ കഥ